പറയുക നിങ്ങൾ ഭയന്ന് ഓടിയകലുന്ന ആ മരണം നിങ്ങളെ വന്നു ചേരും പിന്നീട് നിങ്ങൾ അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവൻറെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചു